കുഞ്ഞുകഥകളിലൂടെ ആഴത്തിലുള്ള ചിന്തകളിലേക്ക് നയിക്കുന്ന ചൊൽക്കാഴ്ച അവതരണം പ്രേംചി തേൻമൊഴിയിലേക്ക് സ്വാഗതം ഒരിക്കൽ ഒരു രാജാവ് നായാട്ടിനായി വനത്തിലെത്തി ഒരു സന്യാസിയുമായി അദ്ദേഹം വനത്തിൽ വെച്ച് പരിചയപ്പെടാനിടയായി രാജാവും സന്യാസിയും ഏറെ നേരം സംസാരിച്ചു പിരിയുന്നേരത്ത് രാജാവ് സന്യാസിയെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു ഇരുവരും കൊട്ടാരത്തിലെത്തി രാജാവ് കൊട്ടാരവും പരിസരങ്ങളും മുഴുവൻ സന്യാസിയെ കൊണ്ടു കാണിച്ചു ഒടുവിൽ പ്രാർത്ഥനാ മുറിയിൽ അവരെത്തിച്ചേർന്നു അപ്പോൾ രാജാവ് ഇങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങി എന്നെ ഇനിയും സമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കണമേ പുതിയ പുതിയ രാജ്യങ്ങൾ എന്റെ രാജ്യത്തോട് കൂട്ടിച്ചേർത്ത് തരണമേ മറ്റുള്ള രാജാക്കന്മാർ എനിക്ക് മുമ്പിൽ തോറ്റു പിന്മാറട്ടെ എനിക്കെന്നും ജയം മാത്രം നൽകണമേ ഇനിയും ആ പ്രാർത്ഥന കേട്ടു നിൽക്കാൻ തയ്യാറാകാതെ സന്യാസി പുറത്തേക്കിറങ്ങി സന്യാസിക്കൊപ്പം രാജാവ് എത്തി അങ്ങെന്താണ് പ്രാർത്ഥനയിൽ പങ്കുചേരാതെ പോകുന്നത് സന്യാസി ഒരു നിമിഷം രാജാവിനെ നോക്കിയിട്ട് പറഞ്ഞു ആ നിങ്ങൾ സമ്പന്നനായ ഒരു രാജാവാണെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ വെറും ദരിദ്രവാസിയാണെന്ന് അങ്ങനെയുള്ള ഒരാൾക്കൊപ്പം പ്രാർത്ഥിക്കുവാനോ പ്രാർത്ഥനയിൽ പങ്കുചേരുവാനോ എനിക്ക് ബുദ്ധിമുട്ടാ സന്യാസി പറഞ്ഞു ഏ ഞാൻ ദരിദ്രവാസിയാണെന്നോ രാജാവിന്റെ കണ്ണുകൾ കോപം കണ്ടു ജ്വലിച്ചു എന്റെ നേട്ടങ്ങൾ മുഴുവൻ കാണിച്ചു തന്നിട്ടും എന്നെ ദരിദ്രവാസിയെന്ന് വിളിക്കാൻ എന്താണ് കാരണം ലഭിച്ച നേട്ടങ്ങൾ ഓർത്തല്ല ിയും ലഭിക്കാനുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ പ്രാർത്ഥിച്ചത് മുഴുവൻ മാത്രവുമല്ല മറ്റുള്ള രാജാക്കന്മാരുടെ പരാജയവും നിങ്ങൾ ആഗ്രഹിക്കുന്നു ലഭിച്ചതിന് നന്ദി പറയാതെ ഒന്നുമില്ലാത്തവനെ പോലെ പ്രാർത്ഥിക്കുന്ന നിങ്ങളെ ഞാൻ ദരിദ്രവാസി എന്നല്ലാതെ മറ്റെന്താ വിളിക്കേണ്ടത് നിങ്ങളുടെ സംസാരവും പ്രവൃത്തിയും കണ്ടപ്പോൾ ഞാൻ കരുതിയത് നിങ്ങൾ യഥാർത്ഥത്തിൽ ആത്മീയനാണെന്നാ അത് തെറ്റായ ധാരണയായിരുന്നുവെന്ന് പ്രാർത്ഥന കേട്ടപ്പോൾ മനസ്സിലായി ഒരു യഥാർത്ഥ ആത്മീയ മനുഷ്യന് ഒരിക്കലും ഇങ്ങനെ പ്രാർത്ഥിക്കാനാവില്ല ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കരുതെന്നല്ല ഇവിടെ എന്നാൽ കൂടുതൽ സമൃദ്ധിയും ലോകം മുഴുവൻ തങ്ങൾക്ക് വേണമെന്ന അത്യാഗ്രഹത്തോടെയുള്ള പ്രാർത്ഥനയും തനിക്കും തൻ്റെ പ്രിയപ്പെട്ടവർക്കും മാത്രം അനുഗ്രഹങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും കിട്ടിയ നന്മകൾക്ക് നന്ദി പറയാതെയുള്ള പ്രാർത്ഥനയും നമ്മെ വില കുറഞ്ഞ മനുഷ്യരാക്കും ഒരാളുടെ വാക്കും പ്രവൃത്തിയും മാത്രമല്ല പ്രാർത്ഥനയും ആത്മീയതയെ നിശ്ചയിക്കാനുള്ള അടയാളമാണ് തേന്മൊഴി അവതരണം പ്രേംചി